யூனிட்டு வசன் வான் மலையாளம் வித்தியார்த்தியானி இது மலையாளம் க்ளாஸான ஞான் மலையாளம் அத்பகனான எதவன் பிள்ள நீங்கள ഞാൻ മലയാളം വിദ്യാർത്ഥിയാണ് നിങ്ങളുടെ പേരെന്താണ് എന്റെ പേര് മോഹൻലാൽ എന്നാണ് ഇദ്ദേഹമാരാണ് അദ്ദേഹം ശ്രീ ജയപാൽ സാഹുവാണ് സാഹു തെലുങ്ക് വിദ്യാർത്ഥിയാണ് സാർ അദ്ദേഹമാരാണ് അദ്ദേഹമാണ് കന്നഡ അധ്യാപകൻ ശ്രീ രാമറാവു ാണ് മോഹൻ ഇവർ തമിഴ് വിദ്യാർത്ഥിനി കലയാണ് അവർ ആരാണ് സർ അവരാണ് തമിഴ് അധ്യാപിക ശ്രീമതി ശാരദാമണി സാർ തമിഴ് ക്ലാസ് ഏതാണ് തമിഴ് ക്ലാസ് അതാണ് ലിസൺ ആൻഡ് റിപ്പീറ്റ് ഇത് മലയാളം ക്ലാസ് ആണ് ഇത് മലയാളം ക്ലാസ്സാണ് ഞാൻ മലയാളം അധ്യാപകനാണ് ഞാൻ മലയാളം അധ്യാപകനാണ് എന്റെ പേര് മാധവൻപിള്ള എന്നാണ് എന്റെ പേര് മാധവൻ പിള്ള എന്നാണ് നിങ്ങളാരാണ് നിങ്ങൾ ആരാണ് ഞാൻ മലയാളം വിദ്യാർത്ഥിയാണ് ഞാൻ മലയാളം വിദ്യാർത്ഥിയാണ് നിങ്ങളുടെ പേരെന്താണ് നിങ്ങളുടെ പേരെന്താണ് എൻ്റെ പേര് മോഹൻലാൽ എന്നാണ് എന്റെ പേര് മോഹൻലാൽ എന്നാണ് ഇദ്ദേഹം ആരാണ് ഇദ്ദേഹം ആരാണ് ഇദ്ദേഹം ശ്രീ ജയപാൽ സാഹുവാണ് ഇദ്ദേഹം ശ്രീ ജയപാൽ സാഹുവാണ് സാഹു തെലുങ്ക് വിദ്യാർത്ഥിയാണ് സാഹു തെലുങ്ക് വിദ്യാർത്ഥിയാണ് സാർ അദ്ദേഹം ആരാണ് സാർ അദ്ദേഹം ആരാണ് അദ്ദേഹമാണ് കന്നഡ അധ്യാപകൻ ശ്രീ രാമറാവു അദ്ദേഹമാണ് കന്നഡ അധ്യാപകൻ ശ്രീ രാമറാവു ഇവരാരാണ് മോഹൻ ഇവരാരാണ് മോഹൻ ഇവർ തമിഴ് വിദ്യാർത്ഥിനി കലയാണ് ഇവർ തമിഴ് വിദ്യാർത്ഥിനി കലയാണ് അവർ ആരാണ് അവരാണ് തമിഴ് അധ്യാപിക ശ്രീമതി ശാരദാമണി അവരാണ് തമിഴ് അധ്യാപിക ശ്രീമതി ശാരദാമണി സാർ തമിഴ് ക്ലാസ് ഏതാണ് സാർ തമിഴ് ക്ലാസ് അതാണ് തമിഴ് ക്ലാസ് അതാണ് ഡ്രിൽസ് റെപ്പറ്റേഷൻ ഡ്രിൽ ഞാൻ മലയാളം വിദ്യാർത്ഥിയാണ് ഞാൻ മലയാളം വിദ്യാർത്ഥിയാണ് നിങ്ങൾ മലയാളം അധ്യാപകനാണ് ശ്രീ രാമറാവുവാണ് അദ്ദേഹം കന്നഡ അധ്യാപകൻ ശ്രീ രാമറാവു ഇവർ തമിഴ് വിദ്യാർത്ഥിനി കലയാണ് ഇവർ തമിഴ് വിദ്യാർത്ഥിനി കലയാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് ഞാൻ ആരാണ് ഞാൻ ആരാണ് അദ്ദേഹം ആരാണ് അദ്ദേഹം ആരാണ് മലയാളം അധ്യാപകൻ ആരാണ് മലയാളം അധ്യാപകൻ ആരാണ് ശാരദാമണി ആരാണ് ശാരദാമണി ആരാണ് നിങ്ങളുടെ പേരെന്താണ് നിങ്ങളുടെ പേരെന്താണ് എൻ്റെ പേരെന്താണ് എൻ്റെ പേരെന്താണ് എൻ്റെ പേര് കല എന്നാണ് എന്റെ പേര് കല എന്നാണ് നിങ്ങളുടെ പേര് മോഹൻ എന്നാണ് നിങ്ങളുടെ പേര് മോഹൻ എന്നാണ് സന്ധി പ്രാക്ടീസ് മോഡൽ അധ്യാപകൻ ആണ് അധ്യാപകനാണ് നൗ ഫോളോ ദ മോഡൽ മോഹൻ ആണ് മോഹനാണ് നിങ്ങൾ ആര് നിങ്ങളാരാൽ എന്ന ാലെന്ന് ജയപാൽ ആണ് ജയ്പാലാണ് അദ്ദേഹം ആണ് അദ്ദേഹമാണ് അവർ ആണ് അവരാണ് തമിഴ് അധ്യാപിക തമിഴദ്ധ്യാപിക സാഹു ആണ സാഹുവാണ് റാവു ആണ ാണ് വിദ്യ വിദ്യാർത്ഥിയാണ് മണി ആണ് മണിയാണ് കല ആണ കലയാണ് അധ്യാപിക ആണ അധ്യാപികയാണ് ബിൽഡപ് ഡ്രിൽ മോഡൽ ആണ ആണ് അധ്യാപകൻ അധ്യാപകനാണ് തമിഴ് തമിഴ് അധ്യാപകനാണ് അദ്ദേഹം അദ്ദേഹം തമിഴ് അധ്യാപകനാണ് നൗ ഫോളോ ദോഡൽ ആണ ആണ് കല കലയാണ് വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനി കലയാണ് തമിഴ് തമിഴ് വിദ്യാർത്ഥിനി കലയാണ് എന്റെ എന്റെ തമിഴ് വിദ്യാർത്ഥിനി കലയാണ് ഇവർ ഇവർ എന്റെ തമിഴ് വിദ്യാർത്ഥിനി കലയാണ് റാമറാവു രാമറാവു അധ്യാപകൻ ധ്യാപകൻ രാമറാവു കന്നഡ കന്നഡ അധ്യാപകൻ രാമറാവു നിങ്ങളുടെ നിങ്ങളുടെ കന്നഡ അധ്യാപകൻ രാമറാവു അദ്ദേഹമാണ് അദ്ദേഹമാണ് നിങ്ങളുടെ കന്നഡ അധ്യാപകൻ രാമറാവു ത്രീ ആണ് ആണ് എന്ത് എന്താണ് പേര് പേരെന്താണ് നിങ്ങളുടെ നിങ്ങളുടെ പേരെന്താണ് ഫോർ ആണ ആണ് എന്നാണ് കമല കമല എന്നാണ് പേര് പേര് കമല എന്നാണ് എൻ്റെ എൻ്റെ പേര് കമല എന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ മോഡൽ ഞാൻ മാധവൻ പിള്ളയാണ് കല ഞാൻ കലയാണ് ഫോളോ ദ മോഡൽ ഞാൻ അധ്യാപകൻ ആണ് അധ്യാപിക ഞാൻ അധ്യാപികയാണ് വിദ്യാർത്ഥി ഞാൻ വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിനി ഞാൻ വിദ്യാർത്ഥിനിയാണ് മോഹൻലാൽ ഞാൻ മോഹൻലാലാണ് ശാരദാമണി ഞാൻ ശാരദാമണിയാണ് സെന്റൻസ് നിങ്ങൾ വിദ്യാർത്ഥിനിയാണ് അധ്യാപകൻ നിങ്ങൾ അധ്യാപകൻ ആണ് അധ്യാപിക നിങ്ങൾ അധ്യാപിക ആണ് സാഹു നിങ്ങൾ സാഹുവാണ് കല നിങ്ങൾ കലയാണ് ഞാൻ മലയാളം അധ്യാപകനാണ് നിങ്ങൾ നിങ്ങൾ മലയാളം അധ്യാപകനാണ് അദ്ദേഹം മലയാളം അധ്യാപകനാണ് ഫോർ ഞാൻ തമിഴ് അധ്യാപികയാണ് നിങ്ങൾ നിങ്ങൾ തമിഴധ്യാപികയാണ് ഇവർ ഇവർ തമിഴധ്യാപികയാണ് അവർ അവർ തമിഴദ്ധ്യാപികയാണ് ഫൈവ് അദ്ദേഹം തെലുങ്ക് വിദ്യാർത്ഥിയാണ് തമിഴ് അദ്ദേഹം തമിഴ് വിദ്യാർത്ഥിയാണ് കന്നഡ അദ്ദേഹം കന്നഡ വിദ്യാർത്ഥിയാണ് മലയാളം അദ്ദേഹം മലയാളം വിദ്യാർത്ഥിയാണ് സിക്സ് എന്റെ പേര് കല എന്നാണ് സാഹു എന്റെ പേര് സാഹു എന്നാണ് ശാരദ എന്റെ പേര് ശാരദ എന്നാണ് മാധവൻ എന്റെ പേര് മാധവൻ എന്നാണ് നിങ്ങളുടെ പേര് മോഹൻ എന്നാണ് കല നിങ്ങളുടെ പേര് കല എന്നാണ് മാധവൻപിള്ള നിങ്ങളുടെ പേര് മാധവൻപിള്ള എന്നാണ് രാമറാവു നിങ്ങളുടെ പേര് രാമറാവു എന്നാണ് Restatement Drill, Model 1. Addeham Kannada Athyapagan Rama Rao Aana. Addeham Aana Kannada Athyapagan Rama Rao. Now follow the model. 1. I am Malayalam Athyapagan Sharada Mani Aana. I am Aana. മലയാളം അധ്യാപിക ശാരദാമണി ടു ഇദ്ദേഹം ജയപാൽ സാഹുവാണ് ഇദ്ദേഹമാണ് ജയപാൽ സാഹു ത്രീ അവർ തമിഴ് വിദ്യാർത്ഥിനി കലയാണ് അവരാണ് ി കല ഫോർ ഇത് തെലുങ്ക് ക്ലാസ് ആണ് ഇതാണ് തെലുങ്ക് ക്ലാസ് ഫൈവ് നിങ്ങൾ വിദ്യാർത്ഥിയാണ് നിങ്ങളാണ് വിദ്യാർത്ഥി മോഡൽ ടു സാഹുവാണ് എ പേര് സാഹു എന്നാണ് നൗ ഫോളോ ദ മോഡൽ വൺ ഞാൻ മോഹനാണ് എന്റെ പേര് മോഹൻ എന്നാണ് ഞാൻ കലയാണ് എന്റെ പേര് ാണ് നിങ്ങൾ രാമറാവു ആണ് നിങ്ങളുടെ പേര് രാമറാവു എന്നാണ് ഫോർ നിങ്ങൾ ശാരദാമണിയാണ് നിങ്ങളുടെ പേര് ശാരദാമണി എന്നാണ് റെസ്പോൺസ് ട്രിൽ നിങ്ങൾ ആരാണ് ഞാൻ തമിഴ് വിദ്യാർത്ഥി രാമനാണ് അവർ ആരാണ് നിങ്ങൾ ആരാണ് ഞാൻ ആരാണ് മോഡൽ ടു മലയാളം അധ്യാപകൻ ആരാണ് മലയാളം അധ്യാപകൻ മാധവൻ പിള്ളയാണ് നൗ ഫലത് മോഡൽ വൺ തമിഴ് അധ്യാപിക ആരാണ് ടു കനട അധ്യാപകൻ ആരാണ് ത്രീ തെലുങ്ക് വിദ്യാർത്ഥി ആരാണ് ഫോർ തമിഴ് വിദ്യാർത്ഥിനി ആരാണ്